ും വളരെ പ്രചോദനകരമായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു അതിനോട് ഞാൻ ചേർന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു റോമൻസിൻ്റെ റോമാൻ ലേഖനം എട്ടാമധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം English, oh, can, eh? Now, if we are children, then we are hares, hares of God and co-hares with Christ. If indeed we share in His sufferings, in order that we may also share in His glory. We are going to share with you all the things that we are going to share with you. We are going to share with you all the things that we are going to share with you. അപ്പോൾ ആ സമയത്ത് സ ദൈവത്തിൻ്റെ കർത്താവിനോടുള്ള ക്ലേശങ്ങളും അല്ലെങ്കിൽ കഷ്ടാനുഭവവുമായിട്ട് താതാൽമ്യം എങ്ങനെ പ്രാപിക്കുന്നു എന്ന് നിന്നെ തന്നെ ഞാൻ ഞാനത് പഠിക്കുകയായിരുന്നു അപ്പം പത്രോസിൻ്റെ ലേഖനം നാലാം അധ്യായത്തിലൊക്കെ കുരി ഇന്ത്യൻസിലൊക്കെ ഈ പിട കഷ്ടുഭവങ്ങളെയും പറ്റി പ്രത്യേകം പ്രതിപാദിക്കുന്നുണ്ട് എന്നാലും ഞാനതിനെപ്പറ്റി കൂടുതൽ കണ്ടപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഞാൻ കണ്ടത് അഞ്ച് അഞ്ച് തരത്തിലുള്ള കഷ്ടങ്ങളാണ് കർത്താവിൻ്റെ ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലും വരാനുള്ളത് പ്രത്യേകിച്ച് നമ്മൾ കഷ്ടാന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ശാരീരികമായ കഷ്ടാനുഭവങ്ങളെ പറ്റിയാണ് കൂടുതലായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിൽ വരുന്നത് പാഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ളൊരു സിനിമ കണ്ടവരെ കുറച്ചു കുറച്ച് വരെങ്കിലും ചിലപ്പം കണ്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് രണ്ടാമത് കാണാൻ പറ്റിയ ഒരു ഒരു സിനിമയല്ല അത്രയ്ക്ക് അതിഭയങ്കരമായ ഒരു പീഡനത്തിൽ കൂടി യേശു കർത്താവ് കടന്നു പോകുന്ന ഒരു ഒരു ഒരു സിനിമയാണത് അത് കണ്ടപ്പോഴും എനിക്ക് എനിക്ക് തോന്നി അതായത് എൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണെങ്കിൽ പോലും ഒരു പത്ത് മിനിറ്റ് ഞാൻ ലാസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല ആ ഒരു അത്രയ്ക്കത്ര കഷ് അത്ര ഭീകരമായിട്ടുള്ള കഷ്ടാനുഭവങ്ങളുടെ ഒരു കാഴ്ചയാണ് അത് കാണുന്നത് കാരണം അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നി അങ്ങനൊരു അങ്ങനെ അതൊരു ആ ഒരു അനുഭവമാണോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടി അതുണ്ടാകാനുള്ള സാധ്യതയും വളരെ കുറവാണ് അപ്പോൾ അതായിരിക്കുമല്ല നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ഒരു ഒരു സഫറിങ്ങിനെക്കാട്ടും കൂടുതലധികം വേറെയും സഫറിങ്സ് അവിടെ നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട് എന്ന് കണ്ടു ആദ്യത്തെ ഞാനൊരു സഫറിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഇന്ന് മോൻ പറഞ്ഞ അവിടെ പറഞ്ഞ സംഗതികളൊക്കെ തന്നെയാണ് ഒന്ന് ഫിലിപ്പീൻസിൻ്റെ ലേഖനം രണ്ടാമധ്യായം എട്ടാമത്തെ വാക്യം ബീങ് എ സഫറിങ് ഓഫ് ഒബീഡിയൻസ് സഫറിങ് ഓഫ് ഒബീഡിയൻസ് കർത്താവിൻ്റെ ദൈവവും പിതാവുമായിട്ടുള്ള അനുസരണ അനുസരണയും എളുപ്പമുള്ള കാര്യമാണ് അല്ല അങ്ങനെയാണ് നമുക്ക് വളരെ അ വളരെ എളുപ്പമായിരുന്നല്ലേ ജീവിതം തന്നെ വളരെ എളുപ്പമായി 않സരണ വളരെ എളുപ്പമായിരുന്നെങ്കിൽ ഫിലിപ്പിയൻസ് രണ്ടാം ലേഖന എട്ടാം അദ്ധ്യായം പറയുന്നു ആൻ ബീയിംഗ് ഫൗണ്ട് ഇൻ അപ്പിയറൻസ് ആസ് എ മാൻ ഹീ ഹംബിൾഡ് ഹിംസെൽഫ് ആൻഡ് ബിക്കേം ഒബീഡിയന്റ് ടു ഡെത്ത് ഈവൻ ഡെത്ത് ഓൺ എ ക്രസ് ക്രൂശനോളം അൻസരണയുള്ളവನായിരുന്നു എന്ന് നമ്മുടെ ആദ്യത്തെ സഫറിങ്സിന്റെ ആദ്യത്തെ ഒരു Suffering of obedience. We are the ones <laughs> who are willing to give us <laughs> a chance. I am willing to give a chance. I am willing to give a chance. I am willing to give a chance. I am willing to give a chance. What is <laughs> obedience? സഫറിംഗ്സുകളൊന്ന് കണ്ടത് അവസാനം വരെ ഒബീഡിയൻ്റ് ആയിരുന്നു വില് അപ് ടു ദി വില് അപ് ടു ഗറ്റ്സെമിനെ അവിടെ വരെ നമുക്ക് കാണാം ആ വില്ലിനുമായിട്ടുള്ള പ്രയാസങ്ങളും സഫറിങ്സും അപ്പം നമ്മുടെ ജീവിതത്തിലെ സഫറിംഗ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ഈ സഫറിങ് നമ്മുടെ വില് കർത്ത ദൈവത്തിൻ്റെ ഇഷ്ടവുമായിട്ട് നമ്മുടെ ഇച്ഛ സമർപ്പിക്കുക എന്നുള്ള ഒന്ന് രണ്ടാമത് എനിക്ക് തോന്നിയത് കർത്താവിൻ്റെ റെസിസ്റ്റൻസ് ടു ടെംപ്ടേഷൻ നമ്മളെ പരീക്ഷണങ്ങൾക്കോട്ടുള്ള ആ റെസിസ്റ്റൻസ് മത്തായുടെ സുശേഷം എല്ലാവർക്കും അറിയാം നാലാം അധ്യായം മരുഭൂമിയിലെ അനുഭവങ്ങളിലെ കർത്താവിൻ്റെ റെസിസ്റ്റൻസ് ടു ടെംപ്റ്റേഷൻ വീണ്ടും കാണാം നമ്മൾ വായിക്കുന്നതന്നെയുണ്ട് ടെംപ്ടേഷൻ ആ ഈ മരുഭൂമിയിൽ കൊണ്ട് അവസാനിച്ചില്ല വീണ്ടും വീണ്ടും കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് സാത്താൻ്റെ പ്രലോഭനങ്ങൾ കടന്നു വന്നിരിക്കുന്നുയാണ് അവസാനം വരെ ക്രൂശിൻ്റെ കൂടെ അന്ന് തന്നെ അവിടെ നിന്ന് ചോദിക്കുകയാണ് നീ ഇറങ്ങി വ എങ്കിൽ ഞങ്ങൾ നിന്നെ നിങ്ങൾ വിശ്വസിക്കാം അവസാനത്തെ സാത്താൻ്റെ പ്രലോഭന വാക്കുകളായിരുന്നത് അതിനെ അതിജീവിച്ച് കർത്താവിൻ്റെ ആ സഫറിങ് ആ പ്രലോഭനങ്ങളെ പരീക്ഷണങ്ങളെയും അതിജീവിക്കുന്ന സഫറിങ് അതായിരുന്നു രണ്ടാമത്തെ സഫറിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇപ്പം പറഞ്ഞ പോലെ നമ്മുടെ പല നമുക്കേതായ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നത് നമുക്കെല്ലാവർക്കും നമ്മുടെ ഒരു ഫേവറേറ്റ് ഒരു ഒരു മൈൽ സ്റ്റോണുണ്ട് തട്ടി വീഴാൻ പറ്റിയ നമുക്കെല്ലാവർക്കും അവനവൻ്റേതായ ചില ചിലർക്ക് ദേഷ്യമായിരിക്കാം ചിലർക്ക് പറഞ്ഞ പോലെ ലസ്റ്റായിരിക്കാം ചിലർക്ക് അസൂയിരിക്കാം ഗോസിപ്പിംഗ് ആയിരിക്കാം നമ്മുടേതായ ചില തെനി വീഴുന്ന വഴികളുണ്ട് അവിടെ നിന്നെല്ലാം അവിടെയൊക്കെയാണ് നമ്മുടെ സഫറിങ് അതെല്ലാം റെസിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ സഫറിങ്സിനോട് ചേരുകയാണ് മൂന്നാമത്തെ സഫറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈസ് റിജക്ഷൻ ആൻഡ് റിഡിക്യുളിംഗ് കർത്താവിൻ്റെ വഴികളെ പിന്തുടരുമ്പോൾ there is rejection അവിടെ നമ്മളെ റിജക്ഷനും ഉണ്ട് റിജക്ഷനുണ്ട് റെഡിക്യൂളിംഗ് ഉണ്ട് പല പല വഴികളുമുണ്ട് അതിൻ്റെ ഒരു ഒരു നല്ല ഒരു ഇത് സന്തോഷ് പൊന്നൻ ബ്രദറിൻ്റെ ഒരു മെസ്സേജുണ്ട് കഴിവുന്ന ഇത് കിട്ടുകയാണെങ്കിൽ യൂട്യൂബിൽ എല്ലാവരും അത് കണ്ട് കേൾക്കണം എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ് കാരണം എന്നെ വളരെയധികം സ്പർശിച്ച ഒരു ഒരു മെസ്സേജ് ആയിരുന്നു കാരണം ജീവിതത്തിൽ കൂടെ അനുഭവത്തിൽ കൂടെ നമ്മൾ ഈ റെഡിക്യൂളിങ്ങും ഈ ഈ റിജക്ഷനും കൂടെ നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ച് കഴിയുമ്പോഴേ നമ്മൾ കർത്താവുമായിട്ട് താതല്മ്യം പ്രാപിക്കുന്ന ഒരു അനുഭവം കൂടെ നമ്മൾ നമുക്കൊന്നും ഇപ്പോൾ എനിക്കൊന്നും വലിയ റെഡിക്യൂളിങ്ങും ഒന്നും വന്നിട്ടില്ല ഞാനിപ്പോൾ ഇപ്പം ഈ പള്ളി മാറിയെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് വലിയ റെഡിക്യൂളിംഗ് ഒന്നും വന്നില്ല പക്ഷേ ആ ജീവിതത്തിലെ ആ റെഡിക്യൂളിങ്ങിനുള്ള ആ ഒരു ഒരു ഒരു റിജക്ഷനോടുള്ള ഒരു അനുഭവത്തിൽ കൂടി കർത്താവ് കടന്നുപോയി നമ്മുടെ സ്വന്തം ആ തിരസ്കരണവും കളിയാക്കലും തിരസ്കരണവും കളിയാക്കലേ പറ്റിയേ താങ്ക് യു തിരസ്കരണവും കളിയാക്കലും അനു ജീവിതത്തിൽ അനുഭവിക്കുന്ന അവസരങ്ങൾ വരുമ്പോഴേക്കൂടെ കർത്താവ് കടന്നു ആ ക്ലേശങ്ങളുടെ ഒരനുഭവം നമുക്കും വരികയുള്ളു അതും നമ്മൾ പ്രതീക്ഷിക്കണം അതിൽക്കൂടെ കടന്നു പോകുന്നത് ഒരു അനുഗ്രഹമായി നമുക്കരുതുകയും കൂടെ വേണം നാലാമത് നമ്മൾ പറയുകയാണെങ്കിൽ സഫറിങ് ഓഫ് പോവർട്ടി ഇല്ലായ്മയുടെ ഒരു ഒരനുഭവം നമുക്കറിയാമല്ലോ നമുക്ക് വളരെ വളരെ പരിചിതമായ വാക്കുകളാണ് ഗ്ലൂക്കോസൻ സുശേഷം ഒമ്പതാം അധ്യായം എൺപത്തെട്ടാമത്തെ വാക്യം പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രം ചലചായ്ക്കാൻ ഇടമില്ല കർത്താവ് കടന്നു വളരെ ഒരു ഇല്ലായ്മയുടെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നിറഞ്ഞ ആലോചിച്ചു നമുക്ക് എല്ലാം കളഞ്ഞിട്ടുള്ളൊരു ഇല്ലായ്മയാണോ നമ്മൾ അതിലുദ്ദേശിക്കുന്നത് എനിക്കൊന്നാതെ അങ്ങനെയല്ല ഈ ഞാൻ പ്രത്യേകിച്ച് ഞാൻ ഒരു ഒരു കാര്യം ഞാൻ കണ്ടത് ഓർത്ത് ഈ ടാക്സ് അടയ്ക്കാൻ വേണ്ടി കർത്താവ് പത്രോസി പഠിച്ച് ടാക്സ് അടയ്ക്കണമല്ലോ അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞത് നീ വലത്ത് ഭാഗത്ത് നെറ്റ് ഇട്ടിട്ട് ഒന്ന് പിടിച്ചാൽ വള്ളം വലം വിധത്തിൽ മത്സ്യം വരും അതങ്ങ് വിറ്റ് നമുക്കിങ്ങ് കാശ് എടുത്താൽ പോരെ എന്ന് എന്തുകൊണ്ട് കർത്താവ് പറഞ്ഞില്ല നീ ചൂണ്ടയിട്ടൊരു മീൻ പിടിക്കാനാണ് പറഞ്ഞ ഒറ്റ മീനിനെ പിടിച്ച് അതിൻ്റെ വായി ഒരു ഇതെടുത്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു അതായത് ഉള്ളത് കൊണ്ടുള്ള ഒരു ഒരു സംതൃപ്തിയുള്ള ഒരു ഒരു നമുക്ക് വേണ്ടിയത് മാത്രം മതി ഗിവസ് മൈ ഗ്യൂ മീ ടുഡേ മൈ ഡെയിലി ബ്രെഡ് എന്ന് പറയുന്ന അതുപോലെ ഒരു പണത്തോടുള്ള ഒരു ആവേശമില്ലാത്ത ഒരു ഒട്ടും ആവശ്യമില്ലാത്ത ഒരു ഒരു ജീവിതം ഒരു സഫറിങ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട ആവശ്യമില്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ് അതുപോലെ കത്താവ് പറയുന്ന അഞ്ചാം അധ്യായം മത്തായ സുശേഷം അഞ്ചാം അധ്യായത്തിൽ പറയുന്ന പോലെ പോർ ഇതിലെ Blessed are the poor in spirit For theirs is the kingdom of heaven Blessed are the poor in spirit For theirs is the kingdom of heaven And the last time Suffering of Self-depowering Suffering of self-depowering ബലഹീനത ത്യജിക്കുന്ന പവറിനെ ഇതിനെ സ്വന്തം പവർ ത്യജിക്കേണ്ട ഒരു അനുഭവത്തിലേക്ക് കർത്താവ് കടന്നു പോകുന്ന പല പ്രാവശ്യവും അതിലെ അവസാനമായിട്ടുള്ള അവസാന ഭാഗമായിട്ട് നമ്മൾ കാണുന്നത് യോഹനാൻ സുശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തൊന്നാമത്തെ വാക്യത്തിൽ പൈലറ്റുമായിട്ടുള്ള തൊട്ടുള്ള സംഭാഷണങ്ങളിലാണ് കഥാവ് പറയുന്നത് മുപ്പത്താറാം വാക്യം പതിനെട്ടാം അധ്യായം മുപ്പത്താറാമത്തെ വാക്യം അത് മലയാളത്തിൽ നിന്ന് വായിക്കാമോ എൻ്റെ രാജ്യം ഐഹികമല്ല എൻ്റെ രാജ്യം ഐഹികം ആയിരുന്നു എന്നെ യകോദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാത്തവണ്ണം എൻ്റെ ചേവകർ പോരാടുമായിരുന്നു എന്നാൽ എൻ്റെ രാജ്യം ഐകമല്ല എന്നുത്തരം പറഞ്ഞു മുപ്പത്തി അവനോട് എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിനെ യേശു നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു സത്യതൽപര്യരായവരെല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്നുത്തരം പറഞ്ഞു തൻ്റെ ബലം പൂർണമായിട്ട് മനസ്സിലാക്കി അതിനെ ത്യജിച്ച ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എനിക്ക് വേണ്ടിയ ആവശ്യമുണ്ടായിരുന്നെങ്കിൽ ഈ യൂതരുടെ കയ്യിൽ എന്നെ ഏൽപ്പിക്കാതെ എന്നെ വിടുവിക്കാനായിട്ട് ഉണ്ടായിരുന്നു സേവകർ ഉണ്ടായിരുന്നു എന്നാൽ അത് അതില്ലാതെ ഞാൻ സ്വയം ബലഹീനനാകുന്ന ഒരു കഷ്ടപ്പാടിൻ്റെ അനുഭവത്തിൽ കൂടെ ഒരു നമുക്ക് കർത്താവ് പോകുന്ന നമുക്ക് ഇവിടെ ഇവിടെ കാണാൻ കാണാൻ സാധിക്കുന്നു നീ നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ എന്നാലും അത് ഒരു മറ്റൊരു രാജാവ് രാജത്വത്തെ പറ്റി പറയുകയും അതിനുവേണ്ടി സഫർ ചെയ്യുന്ന ഇവിടെ ഒരു ഒരു കാഴ്ചയും കൂടെ നമ്മളിവിടെ കാണുകയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാണാം യുഹനാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം മൂന്നും നാലും പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നുവെന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണികൊണ്ട് തുവർത്തുവാനും തുടങ്ങി english la adey oru word undu valare idayittulla jesus knew that the father had put all things under his power ella devam ella adhigaravum tande thannirikkunu then he had come from god and was returning to god na devathil nnu vannu devathil nnu tirichu pogunna athan so he got up that's a word called so idella marinjirike naan elunnete കാൽ കഴുകാനാരംഭിച്ചിരുന്നുള്ള അപ്പം നമുക്ക് ഒരു വലിയൊരു തന്നെത്താനെ താഴ്ത്താനുള്ള സ്വയം ബലഹീനനാകാൻ കർത്താവിനെ കഴിഞ്ഞു അതും ഒരു വലിയ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക നമുക്ക് തന്നെ താന്നു വരാൻ നമുക്ക് എന്ത് പ്രയാസം എന്തെങ്കിലും കാര്യത്തിൽ ഒന്ന് താന്നു വരിക എന്നുള്ളത് അത് വളരെ പ്രയാസം കാരണം എന്നെ ഞാൻ ഒത്തിരി പ്രയാസം വയ്ക്കുന്നൊരു കാര്യമാണ് നമ്മുടെ ഒരു ഒരു മല പോലെയുള്ള നമ്മുടെ ഈഗോയിൽ നിന്നും ഒക്കെ താന്നിറങ്ങി വരാൻ എന്തു പാടാണ് നമുക്ക് ആ കർത്താവിൻ്റെ അതിലുള്ള അനുഭവത്തിൽ നമ്മളതെല്ലാം മനസ്സിലാക്കേണ്ടിയാണ് നമ്മൾ ദൈവത്തോടെ കർത്താവിൻ്റെ സഫറിങ്സിൽ കൂടെ കടന്നു പോകാതെ നമ്മളെ തന്നെ താഴ്ത്താതെ നമ്മളെ തൻ്റെ ഈ ിനെ താഴ്ത്താതെ നമ്മുടെ പരീക്ഷണങ്ങളിൽ ജലം ജയം പ്രാപിക്കാതെ റിജക്ഷനും റെഡിക്യൂളിയും കൂടെ കടന്നു പോകാതെ ഉള്ള ഈ സഫറിങ്സ് എല്ലാം കൂടാതെ ദൈവത്തിൻ്റെ ഗ്ലോറിയിലേക്ക് കർത്താവിൻ്റെ തേജസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുമോ ഇതല്ലേ നമ്മുടെ കുരിശ് ഈ കുരിശിലെടുത്തുകൊണ്ടല്ലേ നമ്മൾ ദിവസവും പോകേണ്ടിയിരിക്കുന്നത് ഈ അഞ്ച് കാര്യങ്ങളും കൂടെ ഞാൻ ചിന്തിച്ച് ചില കാര്യങ്ങൾ നമ്മൾ പറയുകയായിരുന്നു ഇതെന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും മുപ്പന്മാർ അത് ചൂണ്ടിക്കാണിക്കണം എന്ന് അപേക്ഷിക്കുകയും കൂടി ചെയ്യുന്നു നമുക്ക് എല്ലാവർക്കും ഇതിനുവേണ്ടി ഈ സഫറിംഗ്സ് കൂടി നമുക്ക് കടന്നു പോകാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ